ഹം ഹൈവസ്മി സദനെ ജാന ഈ പ്രയോഗം ഈ ശബ്ദപ്രയോഗം അനുസരിച്ച് ഉള്ള ചർച്ചയിലൂടെ വന്നിട്ടുണ്ട് പ്രാദേശികത്വം അദ്ദേഹത്തിട്ട് പ്രാദേശികത്വം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ മഹം എന്ന് പറയാൻ പറ്റില്ല ഇനി ഗൌണമായിട്ടാണെങ്കിൽ ഈ ശക്ത പ്രയോഗമനുസരിച്ച് ഇന്ന ജാനു പറയാൻ പറ്റില്ല ഹമെന്ന് പറയുന്ന നിശബ്ദം ഗൗണമായി ദേഹത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അഹം ശബ്ദത്തിന്റെ അർത്ഥമായ ദേഹം ജാനാൻ അഹ അറിയുന്നവനെന്ന് ഇങ്ങനെ പറഞ്ഞു അതിന് ഇനി അത് ഗുണമാകുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്ത് അപ്പൊ എന്താണ് ഗുണമെന്ന് പറഞ്ഞു മഹാശബ്ദ ശരീരത്തിൽ ദൌണമായി പ്രയോഗിക്കാൻ പറ്റത്തില്ല അത് സമൃദ്ധിച്ചു അത് ഇതിനെ സംബന്ധിച്ചു പിന്നെ ഇത് തന്നെ മുമ്പ് വന്നിട്ടുണ്ട് കൃഷിയോഹം അന്തോഹം ഇത്യാവശ്യ പ്രയോഗ അസത്യപ്രഭേദ പ്രസഞ്ചി അഞ്ചാഹ ക്രോശന് ഔപചാരിക കൃഷിയോഹം അന്തോഹം എന്ന് പറയുന്നിടത്ത് ഒക്കെ എന്താണ് ഗൌണപ്രയോഗമാണെന്ന് പറഞ്ഞു നേരത്തെ അപ്പൊ ഗൌണം എന്ന് പറയുന്നതിനും നിഷേധിക്കുകയാണ് ഗുണമുള്ള അധ്യാസമാണ് അഹം ക്രിശോഹം അന്തോഹം എന്നൊക്കെ പറയുന്നിടത്തും അധ്യാസമാണ് സംഭവിക്കുന്നത് അല്ല ഗുണപ്രയോഗമാണ് പിന്നെ ഗുണപ്രയോഗം എന്ന് പറയുന്ന എവിടെയാണ് അത് ശബ്ദത്തിലാവുന്നത് അഹം എന്ന് പറയുന്ന ഈ അനുഭവം എന്താണ് പ്രത്യക്ഷമാണ് വ്യത്യാസം അപരിഗ്രഹാച്ച അത്യന്തം അനപേറ്റ് എന്ന് പറയുന്ന സൂത്രം ഇന്നുമില്ല രണ്ട് രണ്ട് അതിന്റെ ഭാവതിയില് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭാമധികാരം അതായത് ഗൌണം എന്ന് പറയുന്നതും പ്രത്യക്ഷം എന്ന് പറയുന്നതും അത് രണ്ടും രണ്ടാണ് ശബ്ദത്തെ സംബന്ധിച്ചാണ് ഗൗണപ്രയോഗം വരുന്നത് പ്രത്യക്ഷ അനുഭവത്തിന് അതുമായിട്ട് ബന്ധവുമില്ല ഉദാഹരണം പറഞ്ഞ അഗ്നിയർ മാണവകുന്ന് പറഞ്ഞു ഇപ്പോ അഗ്നിയാണ് മാണവൻ ഒരു ബ്രഹ്മചാരിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് അഗ്നി മാണവ ഈ ബ്രാഹ്മ മാണവൻ അഗ്നിയാണ് അപ്പോൾ ശബ്ദം അനുസരിച്ച് അത് ശരിയാണ് അങ്ങനെ പറയാതുകൊണ്ട് ആ ബ്രഹ്മചാരിയിൽ അഗ്നിയുടെ തേജസ്സുണ്ട് ശബ്ദമനുസരിച്ച് എന്താണ് അവിടെ ധോണി വൃത്തിയാണ് എങ്കിലും അത് ശരിയാണ് ശബ്ദത്തിന് അങ്ങനെ പ്രയോഗിക്കാം കാരണം അവിടെ വാത്യർത്ഥത്തെടുക്കാം ലക്ഷ്യാർത്ഥത്തെടുക്കാം ന്യൂണാർത്ഥത്തെടുക്കാം അതിന് ശബ്ദത്തെ സംബന്ധിച്ചതെല്ലാം സാധിക്കും മാണവനൊരിക്കലും അഗ്നി അഗ്നി മാണവെന്ന് പറയുന്നത് തേജസ്സുള്ള ബ്രഹ്മചാരി എന്നുള്ള അർത്ഥം ഇവിടെ പ്രത്യക്ഷം അങ്ങനെയല്ല എന്താണ് പ്രത്യക്ഷമായി കാണുന്ന ഒരാള് അഗ്നി മാണവ എന്ന് പറഞ്ഞാൽ മാണവനെ ഒരു തീനാളമായി കാണാൻ പറ്റില്ല മാണവനെന്തായിട്ട് കാണാൻ പറ്റൂ മാണവനായിട്ട് കാണാൻ പറ്റൂ അപ്പൊ ശബ്ദത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരികയും അവിടെ നമുക്ക് അർത്ഥവ്യത്യാസങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുമെങ്കിലും അതിവിടെ കൊണ്ടുവരാൻ പറ്റുന്നു കാരണം ഇവിടെ അഹം എന്ന് പറയുന്ന എന്താണ് ഒരനുഭവമാണ് പ്രത്യക്ഷാനുഭവമാണ് അവിടെ പിന്നെ ശരീരത്തിൽ ഗുണം എന്ന് പറയുന്നൊരു അർത്ഥമാണ് അത് ശബ്ദത്തെ സംബന്ധിച്ചുള്ളതാണ് പ്രത്യക്ഷത്തെ സംബന്ധിച്ച് അല്ല അപ്പൊ ഗ്രഹാച്ച അത്യന്തം അനുപേക്ഷന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷ എന്റെ ഭാമതി കാര്യം അപ്പൊ ശബ്ദത്തിനനുസരിച്ച് ആർക്കും പ്രത്യക്ഷം ഉണ്ടാകത്തില്ല പ്രത്യക്ഷം വേറെ ശബ്ദത്തിൽ നിന്ന് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം എന്നുള്ള കാര്യം പറയാം അപ്പൊ ഇവിടെ ഇപ്പോൾ ഇതെല്ലാം ഈ അഹം അസ്മി സഗനി ജാനാന എന്ന് പറയുന്ന ശബ്ദത്തെ ആ പ്രയോഗത്തെ അനുസരിച്ചിട്ട് ഇവിടെ അഹമെന്ന് പറയുന്നത് എന്താണ് ആത്മാവാണോ അത് ദേഹമാണ് ദേഹമാണെങ്കിലും അത് ഊണപ്രയോഗമാണ് എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്തത് അന്നിട്ട് പറഞ്ഞ ഗോണമെന്ന് പറയുന്നത് ഇവിടെ ശരിയാകത്തില്ല എന്തുകൊണ്ട് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദവും സാദൃശ്യവും അറിയാത്തത് കൊണ്ട് അവിടെ ഇത് ദോണി വൃത്തിയെ സ്വീകരിക്കാൻ പറ്റില്ല അഹമ്മ ശബ്ദത്തിന്റെ ദോണി വൃത്തി ശരീരത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല അത് അപ്പോൾ ഓണത്തെക്കുറിച്ച് മുമ്പും ചർച്ച ചെയ്തു അവിടെ തന്നെ നേരത്തെ ചർച്ചയുടെ മറ്റൊരു വിഷയമാണ് എന്താണ് നമുക്ക് തധാ ബാലേഷ്യവർത്തമാനഷ പരസ്പര അഹങ്കാരാസ് അനുവർത്തമാനം ആത്മാവിനെയും ശരീരത്തിനേയും വേർതിരിച്ചറിയാവുന്നതിന് നേരത്തെ ഉദാഹരണം പറഞ്ഞു പ്രത്യഭിജ്ഞയാണ് ബാല്യശരീരം വേറെയാണ് പ്രവർത്തിക്കുന്ന ശരീരം വേറെയാണ് അപ്പോ അഹം കുറയുന്നു ശരീരത്തെ അല്ല ശരീരം ആത്മാവിനെയാണ് അത് ശരീരത്തിൽ വേറെയാണ് അപ്പോൾ ആത്മാവിനെയാണ് ആത്മാവിനെ തിരിച്ചറിയാം എന്നൊക്കെ നേരത്തെ അപ്പോ അതിന് ഇവിടെ സമാധാനം പറയുന്നത് ഇപ്പോ ഇപ്പൊ പറഞ്ഞെന്താണ് അനുഭവത്തെ അഹം ഈ വാസ്മി സമയം വേനാനാന്ന് വൈദ്യുന്നെടുത്ത് വരുന്ന അനുഭവത്തെ ആശ്രയിച്ച് ശരീരത്തിൽ അഹവും വരുന്ന ഗുണപ്രയോഗം ഇപ്പൊ പ്രതിജ്ഞ വെച്ച് നോക്കിയാൽ എന്താണോ അതുകൊണ്ട് അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ എന്താണ് ആത്മാവിനും ശരീരത്തിന് മേൽപ്പിച്ചറിയാൻ പറ്റും ഇല്ല എന്നാണ് പറയുന്നത് എന്റെ ബാലസ്തബിര ശരീരഭേദേരി സോഹമിത്തി ഏകസ്യാത്മന പ്രതിസന്ധാന ദേഹാദിഭ്യോ ഭേദേന അസ്ഥി ആത്മാനുഭവയിൽ വച്ചിരുന്നു ഞാനത് പറഞ്ഞ കാര്യമാണ് ാലത്തിലെ ശരീരവും വാർദ്ധകൃത്തിലെ ശരീരവും രണ്ടു രണ്ടാണോ കൂടെ പറയുന്നത് പക്ഷെ ബാല്യത്തിലും വാർദ്ധക്യത്തിലും ഒരാളെന്താ അറിയുന്നു സോഹം ബാല്യത്തിലെ ഞാൻ തന്നെയാണ് വയസ്സായ കാലത്തെ ഞാൻ സോഹം എന്നറിയുന്നത് ഈ സോഹം എന്ന് പറയുന്നത് ആ ഞാൻ തന്നെ ഈ ഞാൻ പ്രത്യജിജ്ഞാമോ ആ ഞാൻ തന്നെയാണ് ഈ ഞാൻ എന്ന് പറയുന്നത് ഇതെന്തിനുദ്ദേശിച്ചിട്ടാണ് സോഹം എന്ന് പറയുന്നത് ശരീരത്തെ ഉദ്ദേശിച്ചാണോ ആണോ എന്തുകൊണ്ട് ശരീരം വേറെ വേറെയാണ് ബാല്യത്തിലെ ശരീരമല്ല വാർത്തകളും ശരീരം അപ്പൊ ഈ സോഹം ആ ബാല്യത്തിലെ ഞാൻ തന്നെയാണ് ഈ വയസ്സായ ഞാനെന്ന് പറയുമ്പോൾ ശരീരത്തിൽ വേറെ തിരിഞ്ഞു ഒരു ഞാനിനെ അറിയുന്നുണ്ട് ആ ഞാനാണ് ആത്മാവ് പൂർവക്ഷി പറയുന്നതാണ് അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് വേറെ ചത്മാവന വ്യക്തമായി ഓരോരുത്തരും അറിയുന്നുണ്ട് ഇപ്പൊ ശരീരത്തിൽ നിന്ന് വേറെ ആത്മാവന അറിയുന്നുണ്ടെങ്കിലൂടെ അഹോന്ന് പറയുന്നവരത്തെ അഭ്യാസം ഇല്ല രണ്ടുപേരും കഴിയും ഇന്ന് പരമാവധി പറയാമെന്നുള്ളതെന്താണ് ഈ അഹോ എന്ന് പറയുന്ന ഈ അനുഭവം ശരീരത്തിൽ ദൗണമായി നേരത്തെ പറഞ്ഞ പോലെ പറയുന്നത് നിർബന്ധം എന്താണ് ശരീരത്തിൽ നിന്നും ആത്മാവിനെ എല്ലാവരും വേർതിരിച്ച് അറിയുന്നുണ്ട് സിദ്ധാന്തി പറയുന്നത് എന്താണ് അഹ് അധ്യാസമാണ് കൂടിക്കലടന്നാണ് ഇതാണ് ഗുരു പറയുന്നത് ജനം അവരെന്നും അതുപോലെ ചിത്തിലും ഉടലിലും എന്ന് പറയുന്ന അധ്യാസത്തേന്ന് ഈ ശരീരഭേദമുണ്ടെങ്കിലും സോഹമിത്തി സോഹം ആ ഞാൻ എന്നിങ്ങനെ ഏകസ്യാത്മന പ്രതിസന്ധാന ഒരേയൊരാത്മാവിനെ പ്രതിസന്ധാനം പ്രത്യഭിജ്ഞ ഉള്ളത് കൊണ്ട് സ്മരണയെന്നും പറയാം സംസ്ഥാനത്ത് ആ ഞാൻ ഈ ഞാൻ എന്ന് പറയും പഴയ ഞാൻ ഞാൻ സ്മരിക്കുകയാണെങ്കിൽ ഏകനായനെ ദേഹാദിഭ്യോ ഭേദേന അസ്ഥി ആത്മാനുഭവ ദേഹാദികളിൽ നിന്ന് ഭിന്നമായി ആത്മാനുഭവം ഉണ്ട് ഇതിനെ ചെറുവാചം അതിനൊന്ന് ശരിക്കും അതിനെങ്ങനെയാണ് നിഷേധിക്കുന്നത് ഈ പറഞ്ഞതിനെ അംഗീകരിക്കും നമ്മൾ പറഞ്ഞത് ശരിയെന്നെയാണ് പക്ഷേ പരീക്ഷ കാണാം ഖല്ലു എം കഥാന ലൗകികാനാം ഈ പറഞ്ഞ കാര്യം കഥ നമ്മളീ പറഞ്ഞ കാര്യം കൊണ്ടല്ല എന്താണ് സോഹം ശരീരഭേദമുണ്ടെങ്കിൽ സോഹം എന്നറിയുന്നു എന്നൊക്കെ പറയുന്നില്ല ഈ കഥ ഈ കാര്യം എന്നുള്ള ഈ പറഞ്ഞ കാര്യം പരീക്ഷ കാണാം ഇത് പരീക്ഷകന്മാർക്കാണല്ലോ എന്നാണ് എന്നുവെച്ചാൽ ആത്മാഅനാത്മവിവേകം ചെയ്യുന്നവരാണതൊക്കെ പറയുന്നത് എന്നാ ലൗകികാന സാധാരണ മനുഷ്യർക്ക് ഒന്നും അറിയത്തില്ല നിങ്ങളീ പറയുന്ന കാരാണ് നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരാണെന്ന് പറയുന്നത് അവരിങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് പറയണം ബാല്യത്തിലെ ശരീരം വരെയാണ് വാർദ്ധക്യത്തിലെ ശരീരം വരെ ആണ് ശരീരമല്ല ഇപ്പൊ ശരീരത്തെയാണെങ്കിൽ ആ ഈ ഞാൻ എന്ന് പറയാൻ പറ്റില്ല ആ ഞാൻ തന്നെ ഈ ഞാൻ എന്ന് പറയാൻ പറ്റി ശരീരത്തിൽ നിന്ന് വേറെ ഒരാത്മാവുണ്ട് ഇതൊക്കെ ആര് പറയുന്നതാണോ പണ്ഡിതന്മാർ പറയുന്നത് പരീക്ഷകന്മാർ പറയുന്നതാണെന്ന് ആര് പറയുന്നു സിദ്ധാന്തി പറയുന്നു സിദ്ധാന്തി ഇതൊക്കെ പറയുന്നത് പണ്ഡിതന്മാരാണ് സാധാരണ മനുഷ്യനല്ല എന്നുവെച്ചാൽ ഒരുപക്ഷെ എന്താണ് പറയുന്നത് ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയാവുന്ന പൃഥ്വിഞ്ഞ് കൊണ്ടുപോകുന്നത് സിദ്ധാന്തി എന്താ പറയുന്നത് ഈ ആത്മാവിനെയും ആത്മാവിനെയൊക്കെ വേർതിരിച്ചൊക്കെ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആരാണ് പണ്ഡിതന്മാര് സാധാരണ ജനങ്ങളല്ല ഈ അഹം എന്ന് പറയുന്ന അനുഭവം എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ എല്ലാവരും ആത്മാവിനെയും അനാത്മാവിനെയും എഴുതിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം പണ്ഡിതന്മാരറിയുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം അഹാനുഭവം പണ്ഡിതന്മാർ മാത്രമുള്ളതാണ് എല്ലാ അനുഭവമുണ്ട് അപ്പൊ ആ അനുഭവം അഹാനുഭവം തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് അത് ശരീരത്തിൽ ഗുണമാണോ അതോ അഭ്യാസമാണോ അതാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ പണ്ഡിതന്മാരങ്ങനെയൊക്കെ അറിയുന്നു പറയുന്നു എന്ന് വിചാരിച്ചു അഹം അനുഭവം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ മാത്രം ഉപയോഗിക്കുന്നതാണ് എന്താണ് പരീക്ഷകന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാനാത്മവിവേകം ചെയ്യുന്നവർ ആരായ പരീക്ഷകന്മാരെന്ന് പറയുന്നതാണ് പരീക്ഷ കാണാൻ കല്യം കഥാനോഗിക്കണ പരീക്ഷകാതി വ്യവഹാര സമയെ എന്നാ ലോക സാമാന്യം അതിവർത്തന്തേ ഇനി അങ്ങനെ ആത്മാനാത്മാ വിവേകം ചെയ്യുന്ന ആൾക്കാരായാലും ശരി വിവേകത്തിലൂടെ അവർ മനസ്സിലാക്കുന്നു ആത്മാവ് വേറെ അനാത്മാവും ശരീരം വേറെ എന്നൊക്കെ വിവേകം ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കിയാലും വ്യവഹാര സമയത്തെ സാധാരണ ജീവിതത്തിൽ പണ്ഡിതണ്ട് ജീവിതത്തിൽ ഉടനുകളെന്താണ് എന്നാ ലോകസാമാന്യം അതിവർത്തന്തേ മറ്റു മനുഷ്യർ നിന്നും വിശേഷത ഒന്നുമില്ല ലോകസാമാന്യം എന്ന് പറഞ്ഞാൽ സാമാന്യം സാമാന്യ അനുഭവം അതിന് അതിവർത്തിക്കുന്നില്ല എന്താണ് അതിന് കൂടുതലായി ഒന്നും ആത്മ അനാത്മവിവേക ചെയ്യുന്നു എന്ന് വിചാരിച്ച് അവരെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവര് മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെയാണ് ലോകസാമാന്യം അതിവർത്തുന്നത് ഈ ഒരു കാര്യം ഭാഷകാരം പറയാൻ പോകുന്ന ഒരു വിഷയം വെച്ചാണ് പറയുന്നത് ഇത് കുറെ വിവാദമുള്ള സംഗതിയാണ് എന്തെങ്കിലും വ്യാഖ്യാനം പലതരത്തിലാണ് ആണ് പറയുന്നത് ഭക്ഷ്യ അനന്തരമേഹ ഈ ഭവൻ ഭാഷ്യകാരായി ബോധകാല ഭാഷ്യത്തിൽ തന്നെ ഭാഷകാരൻ പറയും ആണ് അനന്തരമേഹ തൊട്ട് ഉടനെ എന്ന് പറയും എന്താണ് ഭഗവാൻ ഭാഷകാര ഭാഷകാരൻ പറയും എന്തുപറയും പശുവാധിപിശേഷ ഇത് ശങ്കരഭാഷ്യത്തിൽ വളരെ പ്രസിദ്ധമായൊരു കാര്യമാണ് പറയുന്നത് പശ്വാധിപേശ്ചിശേഷ എന്ന് പറയുന്ന കാര്യം ഇതിവിടെ ഭാഷകാരം മാത്രമല്ല പറയുന്നത് ബാഹ്യ ബാഹ്യന്മാര് ബാഹ്യന്മാരെന്നൂടെ പറയുന്നത് വേദബാഹ്യന്മാര് വേദത്തെ അംഗീകരിക്കാത്തവരാണ് ഇവിടെ ബാഹ്യന്മാര് നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്തവര് വേദത്തെ അംഗീകരിക്കുന്നവരാണ് ആസ്തികന്മാര് വേദത്തെ അംഗീകരിക്കാത്തവരാണ് നാസ്തികന്മാര് ഹ്യന്മാരും പറയുന്നു എങ്ങനെ ശാസ്ത്രചിന്തകാ ഖല്വം വിവേ ജയന്തിപത്താരാഹ്യൻ പറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രചിന്തകന്മാർ ശാസ്ത്രത്തെ ചിന്തിക്കുന്നവരെന്നു വെച്ച ആത്മാ അനാത്മാവ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഏവം വിവേജയന്തി ഇങ്ങനെ വേർതിരിക്കുന്ന എന്താണ് ശരീരം വേറെ വാർദ്ധക്യത്തിലെ ശരീരം വേറെ ഈ ശരീരത്തിൽ നിന്ന് നേരിട്ട് നിൽക്കുന്നതാണ് ആത്മാവ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആരാണ് ശാസ്ത്രചിന്തകന്മാരാണ് പ്രതിഭത്താരഹ് പ്രതിഭത്താരെന്നുവെച്ചാ സാമാന്യജനം സാമാന്യജനം ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല പറയുന്നു ഇനി അതിനിവിടെ കൂടുതലായി പറയുന്നതാണ് ഇത് മറ്റുള്ളവരും പറയുന്നുണ്ട് എന്താണ് ആത്മാഅ അനാത്മവിവേകമൊക്കെ ആർക്കുള്ളതാണ് ശാസ്ത്ര ചിന്തകന്മാരാണ് സാമാന്യ ജനങ്ങളല്ല പിന്നെ അത് കൂടുതലായി ഭാഷകാരം പറയുന്നത് എന്താണ് ഈ ഇത്തരത്തിൽ ആത്മാഅ അനാത്മവിവേകം ചെയ്യുന്നവരും സാമാന്യ ജനങ്ങളും അവിടെ ജീവിതത്തിൽ എന്താണ് യാതൊരു വ്യത്യാസവും പോലും അതാണ് പശുവാദിപിശേഷുന്നത് അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ള കാര്യത്തിൽ അവിടെ വരുമ്പോൾ കൂടുതൽ വിശദീകരിക്കുക എന്നാലും അത് ഒത്തിരി എന്താണോ കുഴഞ്ഞ പ്രശ്നമാണ് എങ്ങനെ അത് വ്യാഖ്യാനിക്കും അതായത് ഭാഷകാരം പറയുന്ന അനുസരിച്ച് ഭാഷകാരം പലയിടത്തും വ്യക്തമായി പറയുന്ന കാര്യം ഉപനിഷത് വാക്യാർത്ഥാന അതാണ് ബ്രഹ്മജ്ഞാനം പറയുന്നത് തുടങ്ങിയ വാക്യങ്ങളുടെ അർത്ഥജ്ഞാനമാണെന്ത ബ്രഹ്മജ്ഞാനം ആ അർത്ഥജ്ഞാനം സമയജ്ഞാനമായിരിക്കുന്നു ഇതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത് തത്വമസി എന്നുള്ള വാക്യം ഒരാൾ കേട്ടു അയാൾക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായി ഈ ജ്ഞാനം ഉണ്ടായ അയാൾക്ക് എന്ത് സംഭവിക്കുന്നു അയാൾ എന്താ സംഭവിക്കുന്നത് അവഗമനസ്യ പ്രയോജനം അനവഗമനം നിമൃത്തി അനവഗമനം ജ്ഞാനത്തിന്റെ പ്രയോജനം എന്ന് പറയുന്ന അറിവില്ലായ്മ മാറുക അനവഗമനം എന്നുവെച്ചാൽ അറിവില്ലായ്മ അതുവരെ അയാൾ ഞാൻ ദേഹമാണെന്നറിഞ്ഞിരുന്നു തത്ത്വ മസീന്ന് കേട്ടപ്പോൾ അയാൾ എന്തറിഞ്ഞു ഞാൻ ബ്രഹ്മമാണെന്നറിഞ്ഞു അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ ഒന്നിച്ചു പിന്നെ ഈ അറിവില്ലായ്മ എന്താണൊക്കെ പിന്നെ വേറെയുള്ള ചർച്ചയാണ് അതൊക്കെ പോട്ടെ അങ്ങോട്ട് കിടക്കില്ല അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള അയാളുടെ ജീവിതം എങ്ങനെ മരിക്കുന്നവരെ ഇതറിഞ്ഞു ജീവിക്കില്ല എങ്ങനെയായിരിക്കും ആസ്വാദിപ്പിച്ച വിശേഷ വരുന്നതാണ് എന്നു വെച്ച മൃഗങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് വിവേകമില്ലായ്മയാണവിടെ അവർ ആത്മാഅ അനാത്മവിവേകത്തോടുകൂടിയല്ല പ്രവർത്തിക്കുന്നു അപ്പോ ഈ അറിവുണ്ടായവനും മൃഗങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ആത്മബോധത്തിൽ അല്ല പ്രവൃത്തി ബോധമില്ലാതെ തന്നെയാണ് അതിനൊരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട് ഒരു പശുവിന്റെ മുമ്പിൽ പുല്ലെടുത്ത് ഇങ്ങനെ കാണിച്ചാൽ ചെയ്യും ഓടിയെടുത്തു ഒരു സ്വാമിയുടെ മുമ്പിൽ ദക്ഷിണയെടുത്ത് ഇങ്ങനെ കാണിച്ചാ ചെയ്യും എന്താ വ്യത്യാസം ആത്മാഅനാത്മവിണ്ട് ആത്മാവാണ് ഇന്നതാണ് ആത്മാവ് ഇന്നാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ദക്ഷിണ കണ്ട ചാടി പിടിക്കും രണ്ടു തമ്മിൽ എന്താ ഒരു പശുവിന്റെ അടുത്ത് ഒരാളൊരു വലിയ അടിയ വടിയെടുത്തുകൊണ്ട് ചെയ്യും ഓടും അത് ഓടുന്ന എന്ത് എന്ത് ബുദ്ധിയിലാ ഓടുന്നത് ദേഹാത്മബുദ്ധിയിലാണ് അതിന് ആത്മാവ് വേറെയാണ് എന്നാ ജായതയും പ്രിയതയും വാ കഥാചി ന്യായം ഭൂത്വാ ഭവിത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ഓടുന്നത് ഏ ഞാൻ ചിന്തിക്കാത്തവനാണ് മരിക്ക സ്വാമികാരൊക്കെ എങ്ങനെയാണോ പറഞ്ഞോണ്ട് പശു ഓടുമ്പോ ഇതൊന്നും ചിന്തിക്കത്തില്ല പറയുന്നു അവിവേക പുരസ്കരം അത് അടി കൊണ്ടുവന്നുള്ള പേടിച്ച് താൻ ദേഹമാണെന്നുള്ള പേടിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് സ്വാമിയെ ഒരുത്തം മടിയെടുത്തുകൊണ്ട് അടിക്കാൻ ചെന്ന സ്വാമിയെന്ത് ചെയ്യും ഏ ഓടി മുടിച്ചു കളി ഓടി ഉണ്ടയിടും എന്തുകൊണ്ട് ആ സമയത്ത് ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞ് ഇന്ന് അടിപൊളി ഇപ്പോൾ ഭാഷകാരം പറയുന്നത് പശുവും എന്നിട്ട് മൃഗവും ഈ പറയുന്ന സ്വാമിയെ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പശു ഓടുന്നതും ദേഹാത്മബുദ്ധിയോടുകൂടിയാണ് ഈ സ്വാമി ഓടുന്നതും ദേഹാത്മബുദ്ധിയോടുകൂടി തന്നെയാണ് എന്താ വ്യത്യാസം ഏ അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ ആത്മബോധം ഈ സ്വാമിക്ക് ആത്മബോധമുണ്ട് ആത്മാണെന്നൊക്കെ സ്വാമി പഠിച്ചു വച്ചിരിക്കാണ് പക്ഷെ വ്യവഹാരത്തിൽ വരുമ്പം എന്ത് വരുന്നോ ഒരു വ്യത്യാസമില്ലെന്നു പറഞ്ഞു ഇവിടെയാണ് തർക്കം വരുന്നത് അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാ ഞങ്ങളുടെ ഗുരു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കൂ എല്ലാരും പറയും ഞങ്ങളുടെ ഗുരുവിന് പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് തർക്കം വരുന്നത് ഇതെല്ലാരും അംഗീകരിക്കും ഭാഷക്കാരെങ്ങനെയാ പറഞ്ഞിരിക്കുന്നു അപ്പൊ പിന്നെ ഇവിടെ തർക്കം വരുന്ന ഇതാണ് അപ്പൊ ഈ ആത്മാനാത്മവിവേകം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഭാഷകാലം പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ആത്മാനാത്മവിവേകം എന്ന് പറയുന്ന വാക്യാർത്ഥ ജ്ഞാനമാണ് സ്പഷ്ടമായി പല സ്ഥലത്തും പറയുന്നുണ്ട് ഇങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ അയാളുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കും അതിനു പാഷുകാരുടെ ഒരു ഉത്തരം പറയുന്നത് എന്താണോ അയാളുടെ പ്രാരബ്ദ കർമ്മം അനുസരിച്ചായിരുന്നു എന്താണോ അയാളുടെ ഇരിക്കുന്ന പ്രാരബ്ധകർമ്മം അതനുസരിച്ചായിരുന്നു അപ്പൊ പ്രാരബ്ധ കർമ്മം അനുസരിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് തോന്നിയാസവും ചെയ്യുമോ എന്നൊരു ചോദ്യം വരും അല്ലേ പ്രാര കർമ്മം അനുസരിച്ച് പറഞ്ഞാൽ എന്ത് തോന്നിയാസം ചെയ്യാറുണ്ട് അതിനു ഭാഷയാരൻ പറയുന്നത് അത് അങ്ങനല്ല നിഷേധിക്കും കാരണം എന്തെന്ന് വെച്ചാൽ ഇയാളീ ആത്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് സാധനചയ സമ്പത്തെയൊക്കെ ശീലിച്ചിരുന്നു ചമം ദമം അല്ലെ മനസ്സിന്റെ എന്തെങ്കിലോ ഇന്ദ്രിയത്തിന്റെ എന്തെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ശീലിച്ചിരുന്നു ഇതൊക്കെ ഇയാളിൽ സഹജമായി കാരണം ഇതൊക്കെ ശീലിച്ചാൽ എന്ത് സംഭവിക്കൂ ചിത്തശുദ്ധിയുണ്ടാവും ചിത്തശുദ്ധിയുണ്ടായാലെന്തോരോ അയാൾക്ക് ഈ പറയുന്ന ആത്മബോധം ഉണ്ടാകത്തുള്ളു അത് എങ്ങനെയുള്ള ബോധമായാലും ശരി ബോധം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം അയാൾക്ക് ചിത്തശുദ്ധി വേണം ചിത്തശുദ്ധിക്ക് വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കണം സാധന മനസ്സ് നിർമ്മലമായതുകൊണ്ട് അയാൾക്ക് ആത്മബോധം ഉണ്ടായതിനു ശേഷം അയാൾ പിന്നെ വേണ്ടാതീനങ്ങൾക്കൊന്നും തല്ലുകൊള്ളുന്ന പരിപാടിക്കൊന്നും പോകത്തില്ല എന്തുകൊണ്ട് അയാള് അതൊക്കെ തന്നെ സിദ്ധമാണ് ഇതാണ് ഭാഷകാരന്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ആത്മജ്ഞാനം ഉണ്ടായ അയാൾ സന്യാസിയായി ജീവിക്കണമെന്ന് പറയുന്നത് സന്യാസി എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പ് ചെയ്തു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തുടരണം ഏത് സംബന്ധമോ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തുടർന്ന് അതിനനുസരിച്ച് വളരെ ഡിസിപ്ലിനായി ജീവിക്കണം എന്നും ഭാഷകാരൻ ആവർത്തിച്ചു ആവർത്തിച്ച് സന്യാസി സന്യാസം എന്ന് പറയുന്നത് ആ ഡിസിപ്ലിൻ പുലർത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു പ്രവർത്തിന ഏർപ്പെടുന്നതെന്നും പറയുന്ന അതുകൊണ്ടാണ് മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ട എന്ത് വരും എല്ലാ പ്രശ്നങ്ങളും വരും മത്സരബുദ്ധി വരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയാവും വഴക്കാവും ഭാഷകാരന്റെ അഭിപ്രായം ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഇതാണ് അപ്പോ ഒന്ന് അയാളെ മുമ്പ് തന്നെ ഡിസിപ്ലിൻ ആയിട്ട് ജീവിച്ചുകൊണ്ട് തുടർന്നും അയാളുടെ ജീവിതത്തിൽ ആ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും ഒന്ന് അതുണ്ടാകുകയും വേണം അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ ജീവിതത്തിൽ അയാള് പ്രാരബ്ധം തുവരെ നശിക്കുന്നവരെ ജീവിക്കേണ്ടി വന്നാലും ആ ജീവിതം ഡിസിപ്ലിനനുസരിച്ചായിരിക്കും ആയിരിക്കണം എന്നാണ് ഭാഷകാരൻ പറയുന്നത് പിന്നെ ഈ പശുവാധിപിഷ്ട മൃഗത്തെ പോലെ എന്ന് പറഞ്ഞ എന്തുകൊണ്ട് മൃഗത്തെ പോലെ എന്ന് പറയുന്നത് അയാളുടെ നിത്യജീവിതത്തിലെ വ്യവഹാരം നിത്യജീവിതത്തിലെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ വിശന്ന ഭക്ഷണം കഴിക്കും മൃഗത്തെ പോലെ വിശന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കത്തില്ല വിശന്നാ ചെലപ്പം ഭക്ഷണം തേടിപ്പോകും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കിടന്ന് ചത്തുപോകും അങ്ങനെയുള്ള ശരീര ശാരീരികമായ സാമാന്യധർമ്മങ്ങൾ മരണം വരെ അവശ്യം തുടരേണ്ട ശാരീരികമായ ധർമ്മങ്ങളെ സംബന്ധിച്ചാണ് എന്ത് പറഞ്ഞത് വൈശ്വാധിസേഷ മൃഗങ്ങളെപ്പോലെയെന്ന് പറഞ്ഞത് അവിടെ അങ്ങനെ വരുമ്പം അതായത് ഇപ്പോൾ അയാൾ ഇരിക്കുന്നു കിടക്കുന്നു ആത്മാവാനായി ഇരിക്കാനും എഴുന്നേക്കാനും കിടക്കാനും ഒക്കെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അയാൾ ശരീര ബുദ്ധിയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് ശരീരബോധം നഷ്ടപ്പെടുന്നത് ഉണ്ണുന്നു പക്ഷെ അതെല്ലാം ഡിസിപ്ലിന് അനുസരിച്ചായിരിക്കും ഇതാണ് ഭാഷക്കാരുടെ അഭിപ്രായം എന്നാൽ ദേഹബുദ്ധിയോട് ദേഹാത്മബുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോയേ പറ്റും ഴിയില്ല ദേഹബോധം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ ദേഹബോധം വേണം പിന്നെ ആത്മാവിന് ഭക്ഷണം വേണം വേണം പിന്നെ ദേഹത്തിലാണ് ഭക്ഷണം അപ്പൊ അവിടെ ദേഹബോധം വരും ഇതുപോലെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആരെങ്കിലും കുത്തം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് എഴുന്നേറ്റോടും ദേഹബോധമുള്ളത് ആരെങ്കിലും സൽക്കരിച്ചാൻ ചെയ്യും അതിന് വഴങ്ങിക്കൊടുക്കും ഒക്കെ ദേവബോധത്തോട് കൂടും പക്ഷെ അത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പാലിച്ചുകൊണ്ടായിരിക്കും ഇതാണ് അപ്പോൾ പക്ഷിക്കാരന്റെ അഭിപ്രായത്തിൽ പ്രാരബ്ദത്തെ അംഗീകരിച്ചാലും വ്യക്തിജീവിതത്തിൽ ദോഷങ്ങളൊന്നുമില്ല മൃഗത്തെ പോലെയാണെന്ന് പറഞ്ഞാലും അത് സാമാന്യ വ്യവഹാരത്തെ സംബന്ധിച്ചാണ് അല്ലാതെ അതിന് മോശമായ അർത്ഥത്തിലല്ലാതെ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ഇതാണ് എന്റെ ഒരു വ്യാഖ്യാനം വേറൊരു വ്യാഖ്യാനം പറയുന്നത് വേറെ കൂട്ടർ ഇങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത് അവര് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന ആത്മാനാത്മവിവേകം വിചാരമൊക്കെ ചെയ്ത ആത്മാവും അനാത്മാവെന്ന് മനസ്സിലാക്കിയിരിക്കുന്നവരും ഉപനിഷത്തിൽ നിന്ന് ഉപനിഷവാക്യാർത്ഥമൊക്കെ മനസ്സിലാക്കി ആത്മാവ് എന്താണെന്നൊക്കെ അറിഞ്ഞുവച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ വാക്യാർത്ഥാനമല്ല തത്വമസ്യെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സമയജ്ഞാനമല്ല പിന്നെ എന്താണത് സമാധിയില ജ്ഞാനമാണ് അവരെ സംബന്ധിച്ചല്ല മൃഗങ്ങളെപ്പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ സമാധിയിലെത്തിച്ചേരാത്തവരെ സംബന്ധിച്ചാണ് ഭാഷകാരൻ എന്ന് പറഞ്ഞത് മൃഗങ്ങളെപ്പോലെയെന്നു സമാധിയിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവർ പിന്നെ എന്തു ചെയ്യുന്നു സമാധിയിലേക്ക് പോകുന്നു സമാധിയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചിഞ്ഞോട്ട് വന്നെന്നിരിക്കട്ടെ സമാധിന്ന് ഉണർന്നു വരുന്നു വരുമ്പം വീണ്ടും അവർക്ക് ദേഹാത്മബുദ്ധിയാതും ഇതൊക്കെ വരുന്നു അപ്പം മനസ്സിലാക്കുന്നു ഇത് ശല്യമാണെന്ന് വിചാരിക്കുന്നു അപ്പോ വീണ്ടും എന്തു ചെയ്യും മൃഗത്തെ പോലെ കൂടെ ജീവിക്കേണ്ടി വരും ഇതുകൊണ്ട് അവരെന്തെയും വീണ്ടും സമാധി പോയാൽ എന്ത് സംഭവിക്കുന്ന ഒടുവിൽ ബ്രഹ്മവിദ് ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ് വരിയാൻ ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി അവിടെ പ്രാരബ്ധ അവസാനിക്കുന്നു ജീവിതം അവസാനിക്കുന്നു അവര് മൃഗങ്ങളെപ്പോലെയെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അവര് സമാധിയിൽ നിന്നും വരുമ്പോ ദേഹാത്മബുദ്ധിയും മറ്റും വരുന്നുകൊണ്ട് അവരിവിടെ ഇരിക്കലും അവർ പിന്നെ എന്തു ചെയ്യുന്നു തിരിച്ച് സമാധി പോകുന്നു അപ്പം അവർക്ക് മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പൊ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നു എന്ന് പറയുന്നത് സമാധിയില്ലാത്തവരെ സംബന്ധിച്ചാണ് സമാധിയുള്ളവര് അങ്ങനെ ജീവിക്കത്തില്ല അവര് തിരിച്ചെന്ത് ചെയ്യും സമാധിയിൽ നിന്ന് വന്നാലും പോയിട്ട് അവരെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത് വരൻ ഇങ്ങനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കും അപ്പൊ വാക്യാർത്ഥാനമാണ് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് പൂർണമായും ചെയ്യും എല്ലാ ജ്ഞാനികളും എന്താണ് മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നു പക്ഷെ അവിടെ അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും അത് പ്രത്യേക എടുത്ത് പറയും ഡിസിപ്ലിന് അനുസരിച്ച് അവിടെയാണ് സന്യാസം മറ്റും ആവശ്യമായിട്ട് വരുന്നത് അവിടെ ഭാഷകാരന്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നങ്ങനെയൊന്നും ഇന്നതിനൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഒന്നുകഴിഞ്ഞു ഇന്നത്തെ കാലത്തെയല്ല ഈ പറയുന്ന ഒക്കെ പഴയ കാലത്തെ കാര്യമാണ് ഭാഷകാരന് മുമ്പ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയാണ് ഭാഷകാരന്റെ കാലവുമല്ല ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് എവിടെയാണോ വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിൽക്കുന്നത് അവിടെ മാത്രമേ സന്യാസൂ ഭാഷ ഭാഷകാരം തന്നെ പറയുന്നുണ്ട് ജയശങ്കരാചാര് പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് എന്താണ് ആ കാലഘട്ടത്തിൽ വർണ്ണാശ്രമൊക്കെ ശിഥിലമായി പോയി പക്ഷെ പണ്ടങ്ങനെയല്ല പണ്ട് വർണ്ണാശ്രമുണ്ട് അപ്പോൾ വർണ്ണാശ്രമ വ്യവസ്ഥയുണ്ടെങ്കിൽ സന്യാസി നിലനിൽക്കുന്ന ആണ് പക്ഷികാരുടെ അഭിപ്രായം അങ്ങനെ ഒരു വ്യവസ്ഥയില്ലെങ്കിൽ വർണ്ണവ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥ ഒരുമിച്ച് പോകുന്നതാണ് അതില്ലെങ്കിൽ പിന്നെ അത് നിലനിൽക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്തൊന്നും വർണ്ണം അതൊക്കെ പോയി നശിച്ചതുപോലെയായി മിക്കവാറും നശിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയും പണ്ടുണ്ടായിരുന്നു അങ്ങനെ അറിയാം ശാസ്ത്ര അപ്പൊ തന്റെ കാഴ്ചപ്പാടനുസരിച്ച വർണ്ണ ആശ്രമ വ്യവസ്ഥ അനുസരിച്ചാണ് ശങ്കരാചാര്യ സന്യാസത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സന്യാസത്തെ കുറിച്ചല്ല പറയുന്നത് ഇതും അതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇന്നത്തെ സന്യാസമെന്ന് പറയുന്നത് എന്താണ് എന്താണ് പണ്ട് ആരോ ഒക്കെ ഇങ്ങനെ സന്യസിച്ചിട്ടുണ്ടെന്നും ഉണ്ട് എന്ന് കേട്ടിട്ട് അതുപോലെ എന്താണ് ചില ആൾക്കാർ മോഹൻലാലിനെയും മോഹൻലാലിനെയും മമ്മൂട്ടിയും പോലെ പാന്റും ഷർട്ടും ഒക്കെ ഇടുന്നത് പോലെ അതിനെ അനുകരിച്ച് വേഷം ഇന്നത്തെ സന്യാസം സംഭവം എന്നും പറഞ്ഞു ഇത് വെറുതെയാണ് ഇതൊരു കാര്യ ഇത് വെറും അനുകരണം മാത്രമാണ് പക്ഷെ ഈ തുണിയൊക്കെ ചുറ്റിയിട്ട് എന്തോ ഭയങ്കര കേവമാരെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ശുദ്ധമായ വിവരക്കേട മനസിലായ പണ്ടുണ്ടായിരുന്ന ആ സന്യാസത്തിന്റെ ഒരു അനുസരണം മാത്രമാണ് അതിന് ഇന്നത്തെ സന്യാസവും ഞാൻ പണ്ടത്തെ സന്യാസമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പുലിമുരുകനും മോഹൻലാലുമായിട്ടുള്ള ബന്ധവും പുലിമുരുകനും മോഹൻലാലും തമ്മിലുള്ള ബന്ധം അറിയാമോ എന്താണ് ഏ അത്രേയുള്ളൂ ഇത് അനുകരണം മാത്രമാണ് പഴയ കാലത്ത് ഇത് നടക്കുന്നതായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ബോധമില്ലാത്തപോലെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന ഇതാണ് എന്റെ വാസ്തവം മനസിലായ വാസ്തവ എന്തായാലും ഇപ്പൊ സ്വാമി ആയിപ്പോയി ഇനിയിപ്പളയൊന്നും വേണ്ട എന്തായാലും ഇങ്ങനെ കാര്യം ഇനി ഇതൊക്കെയാണ് നല്ല ജീവിച്ചു പോകാൻ ഉപജീവനത്തിന് നല്ല മാർഗം പറ്റി മാർഗം ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനതിന്റെ വാസ്തവ സ്ഥിതിയെ കുറിച്ച് പറയു ഏ അതാ പറഞ്ഞത് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞത് അത് നമ്മൾ പുതിയ പുലിമുരുകനെ കൈയടിക്കുന്നതും പുതിയ ആൾക്കാർ കയറുന്നതും കോടികൾ കളക്ട് ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ട് ഇന്നിപ്പോ ഇത് ദോഷം തന്നെ ഞാൻ പറയുന്നത് ഞാൻ രണ്ടും നമ്മളുടെ വ്യത്യാസം പറയുന്നു പണ്ട് എങ്ങനെയാണ് പറഞ്ഞിരുന്നത് ശാസ്ത്രങ്ങളിൽ ഇന്ന് നടക്കുന്ന എന്താണ് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നത് ഇന്നത്തെ വേഷം അഴിച്ചു വയ്ക്കണമെന്ന് തന്നെ പറഞ്ഞു രണ്ടും രണ്ടാണെന്ന് പറയുകയും ഇന്നത്തെ അനുകരണമാണ് പണ്ടത്തെ ഇത് എന്തുകൊണ്ട് ഇന്ന് വർണ്ണാശ്രമ വ്യവസ്ഥയില്ല അത് തന്നെ പ്രധാന കാരണം വർണ്ണവ്യവസ്ഥയുണ്ടോ ഈ ഭാഷകാര സന്യാസിയോടെ സൂത്രന്മാരും ചണ്ടാടന്മാരും ഒക്കെ എങ്ങനെയാ സന്യാസിയാവും ഇതെവിടെ കൊണ്ട് കൊള്ളിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സ്ത്രീകളെങ്ങനെ സന്യാസിയാവും നടക്കുന്ന കാര്യ അപ്പോ ഈ ഇവിടത്തെ വിഷയത്തിലേക്ക് വന്ന ഈ രണ്ട് വ്യത്യാസം മനസ്സിലാക്കി ഇതെന്താണ് സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നവനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് ഇവിടെ പറഞ്ഞത് ഇവിടെ പ്രത്യേകം പറയുന്നത് എന്താണ് പരീക്ഷകാഹ എന്ന് പറയുന്നത് സമാധി പോയിട്ട് വന്നവര് അവരെ സംബന്ധിച്ചാണെങ്കിൽ അവര് മൃഗങ്ങളെ പോലെ അല്ല അവര് പെട്ടെന്നെന്തിയും സമാധിയിലേക്ക് അല്ല ഈ പറയുന്ന പോലെ നമ്മളെപ്പോലെ ഇതൊക്കെ വായിച്ച് മനസിലാക്കി ആത്മാവനാത്മാവെന്നൊക്കെ പറഞ്ഞ ഇരിക്കുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും ഏ പശുവിനെപ്പോലെയോ കാളയെപ്പോലെയോ കുരങ്ങിനെ പോലെയോ ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് എന്നാണ് ഇതിന് രണ്ടു തരത്തിലുള്ള ഇതിന്റെ വ്യാഖ്യാനം ഇവിടെ ബാഹ്യ എന്ന് പറഞ്ഞു ബാഹ്യ എന്ന് പറയുന്നത് ധർമ്മകീർത്തി എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത് വ്യാഖ്യാനത്തിൽ പറയുന്നത് ധർമ്മകീർത്തി എന്ന് പറയുന്നത് ശങ്കരാചാര്യക്ക് തൊട്ടു മുമ്പിൽ ജീവിച്ചിരുന്നയാളാണ് അതിന്റെ തൊട്ടു മുമ്പിൽ ജീവിച്ചിരുന്നയാളാണ് ദിഗ്നാഗർ അതായത് ശങ്കരാചാര്യടെ കാലം എന്ന് പറയുന്ന ഒരു ഏഴ് എട്ട് നൂറ്റാണ്ടുകളാണ് ചരിത്രപരമായി പരിശോധിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യ ജീവിച്ചത് അതിന് തൊട്ടു മുമ്പ് ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ എവിടെയൊന്നും കൃത്യമായി കണക്കൊന്നും ആർക്കും അറിയത്തില്ല ഒരു ഏകദേശ ധാരണയുണ്ട് ആളാണ് ഈ ധർമ്മകീർത്തി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് ഈ പ്രമാണ വാർത്തകത്തിലാണ് ബൌദ്ധന്മാരുടെ പ്രമാണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മുടെ തർക്കസംഗ്രഹത്തിൽ പ്രത്യക്ഷ അനുമാനം അനുമാനം എന്നൊക്കെ പഠിക്കുന്നത് അതുപോലെ ബൌദ്ധന്മാരുടെ പ്രമാണങ്ങൾ പ്രത്യക്ഷം അനുമാനം ശബ്ദം ഈ മൂന്ന് പ്രമാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വലിയ എന്താണ് ആധികാരിക ആധികാരികതയുള്ള ഒരാചാര്യനാണ് ധർമ്മകീർത്തി ഇന്നും അദ്ദേഹം ഗ്രന്ഥങ്ങളൊക്കെ തിബറ്റിലും മറ്റുമൊക്കെ ഇന്നു ഈ ബുദ്ധിസം പഠിക്കുന്നവർ ഈ പ്രമാണവാർദ്ധികം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കുന്നവർ ഇദ്ദേഹം കുമാരലഭട്ടന്റെ സമകാലികനാണെന്നൊക്കെ പറയുന്നത് മറ്റേ കഥകളാണ് പക്ഷെ ശങ്കരാചാര്യർക്ക് മുമ്പ് ജീവിച്ചിരുന്നതാണ് കാരണം ഈ ബാഹ്യൻ എന്നു പറഞ്ഞിട്ട് ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു വാക്യത്തെ എടുത്ത് പറയാണ് ശാസ്ത്രചിന്തക ഖലീഗം ഇദ്ദേഹത്തിന്റെ വാക്യമാണ് ധർമ്മകീർത്തി എന്ന് പറഞ്ഞാൽ ഇതീന്ന് മനസ്സിലാക്കാം ശങ്കരാചാര്യരെയും സ്വാധീനിച്ച ആളാണ് ഇദ്ദേഹം ശങ്കരാചാര്യ പശുവാധികശേഷ ഈ ആശയം കൊണ്ടുവന്നത് ഒരു കാരണം ധർമ്മ കീർത്തിയാണ് കാരണം ധർമ്മകീർത്തിയെ പോലെയുള്ളവരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് ശങ്കരാചാര്യര് ബൗദ്ധമാരെ ഖണ്ഡിച്ചത് അതുകൊണ്ട് വളരെ പ്രാമാണികനായ ഒരു ആചാര്യനാണ് ധർമ്മകീർത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹവും ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഭാമധികാരം പറയുകയാണ് ശങ്കരാചാര്യർക്ക് ഒരു നൂറ് വർഷത്തിന് ആ ആ കാലയളവിൽ ജീവിച്ചിരുന്നയാളാണ് ഭാമധികാരൻ ഇരുന്നൂറ് വർഷത്തിനകം നൂറ് വർഷമേ വരത്തുള്ളൂ അപ്പം ഭാമതികാരന്റെ തൊട്ട് മുമ്പില് ശങ്കരാചാര്യ ശങ്കരായരുടെ തൊട്ടു മുമ്പില് ധർമ്മകീർത്തി അതിന്റെ മുമ്പില് ദിഗ്നാഗൻ ഇങ്ങനെയാണ് ആ പരമ്പര ശങ്കരായരുടെ ഈ സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം ബൗദ്ധ സിദ്ധാന്തം അല്ലെങ്കിലും ആ ബൗദ്ധന്മാരുടെ ഒരുപാട് ആശയങ്ങള് ശങ്കരാചര് എടുത്ത് പരിഷ്കരിച്ചിട്ടുണ്ട് തന്റെ സിദ്ധാന്തമായി പലരെയും മാറ്റിയിട്ടുണ്ട് അതിനൊന്നാണ് ഈ പറയുന്നത് പശുവാധിപിസ്ഥ ഭാഷികാരന്റെ ഭാഷകാരന്റെ വ്യാഖ്യാനികൾ എടുത്തു പറയാൻ കാരണം ഈ ഇദ്ദേഹം അതുകൊണ്ട് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും എന്താണോ ബൗദ്ധന്മാരിൽ ഒരു സ്വാധീനം എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയും ഇത് ഇനി പലയിടത്തും വരും ഇത് ഇവിടെ പല സ്ഥലത്തും വരും പ്രത്യേകിച്ച് അതുകൊണ്ട് എന്താണ് പറയുന്നത് ശരീരത്തിൽ നിന്ന് വേറിട്ട് ആത്മാവുണ്ട് എന്നൊക്കെ പറയുന്നത് പണ്ഡിതന്മാരാണ് സാമാന്യജനങ്ങളാണ് പക്ഷെ അഹം അനുഭവം പറയുന്നത് എന്താണോ എല്ലാവർക്കും അഹം അനുഭവത്തിലൂടെ ആത്മാവിനെയും അനാത്മാവിനെയും എടു ചേറിയാണെങ്കിൽ എല്ലാവരും അറിയില്ല എല്ലാവരും അറിയുന്നുണ്ടാവും ഇല്ല അതുകൊണ്ട് ആത്മാഅ അനാത്മഭേദം എന്ന് പറയുന്നത് കുറച്ച് ചില പണ്ഡിതന്മാർക്ക് മാത്രമേ അത്തരം ചിന്തകളൊക്കെ ഉള്ളൂ സാമാന്യങ്ങൾക്ക് അതില്ല അതുകൊണ്ട് ഈ അഹം അനുഭവം എന്ന് പറയുന്നത് എന്താണ് അധ്യാസമാണ് എന്നാണ് പറയുന്നത് എന്താണ് പരീക്ഷക നാം കല്ലുകയും കഥാന ലൗകികാനാണ് ശരീരത്തിൽ നിന്ന് നേരിട്ട് ആത്മാവുണ്ട് എന്ന് പറയുന്നത് പരീക്ഷകന്മാരുടെ കാര്യം പറയുകയാണ് ആത്മാനഅം ചെയ്യുന്നവരുടെ എന്നാൽ ലോകിയാണ് സാമാന്യ മനുഷ്യന്റെ അല്ല പരീക്ഷക അഭി ഹി പരീക്ഷകന്മാരും വ്യവഹാരസമയേ നിത്യജീവിതത്തിലെന്ന് പറയാം എന്നാ ലോകസാമാന്യം അധിക ലോകസാമാന്യത്തെ എന്നുവെച്ചാൽ സാമാന്യ ജനങ്ങളുടെ നിലയെ അധിവർത്തിക്കുന്നില്ല അനന്തരമേവ ഹി ഭഗവാൻ പാക്ഷികാര ഭക്ഷ്യ തൊട്ടടുത്ത് തന്നെ യുവത്ഗ ഭാഷത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ ഭഗവാൻ ഭാഷകാരൻ എന്ത് ചെയ്യും ഇക്കാര്യം പറയുമെന്നാണ് ഭാഷകാരന് ശങ്കരതാക്കളെന്ന എന്താണ് വളരെ പൂജ്യനായിട്ട് ഭഗവാനെന്നാണ് സംബോധന ചെയ്ത് പിന്നെ ശിവന്റെ അവതാരമാണ് ശങ്കര ശങ്കരസാക്ഷാത് എന്നൊക്കെയാണ് വിശ്വാസം ശങ്കരൻന്ന് പറയുന്നത് എന്താണ് സാട്ടാ ശങ്കരൻ തന്നെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നേരത്തെയും പറഞ്ഞെന്താണ് ഇതിന്റെ ഭാമികാലം തുടക്കത്തിനും പറഞ്ഞു ഭാഷ്യം പ്രസന്ന ഗംഭീരും തത്രണീയിലും വിഭജ്യത പശുവാദിപിച്ച് അവശേഷ ഇത് ഭാഷ്യത്തിലെ വാക്യമാണ് ഈ പറഞ്ഞത് പശുവാദിപി അവശേഷ എന്ന് പറഞ്ഞാൽ പശുവാദികൾക്ക് മൃഗങ്ങൾക്ക് മൃഗം പക്ഷിക്ക് അവശേഷ തുല്യമാണ് ആത്മജ്ഞാനിയും അത് മാത്രമല്ല ഭാഷകാരം മാത്രമല്ല ഭാഷ്യ ബാഹ്യ ബാഹ്യന്മാര് വേദബാഹ്യന്മാര് ബൗദ്ധന്മാരും പറയും ധർമ്മങ്ങൾ ശാസ്ത്ര ചിന്തക ഖലു ഏവം വിവേചയന്തി ഇപ്രകാരം ആത്മവിവേകം ചെയ്യുന്നവരാണോ ശാസ്ത്ര ചിന്തകന്മാര്ത്താരാ പ്രതിഭത്താ സാമാന്യ ബുദ്ധി ഉള്ളവനാണ് പ്രതിഭത്താവൗകികന്മാര്ത്താര ലൗക്യന്മാരങ്ങനെ <laughs> ചിന്തിക്കുന്നുണ്ട് <laughs>